ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തെ വാങ്ങിയയാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു അദ്ദേഹത്തിന് മാന്യമായ താമസ സൌകര്യം നൽകുക ഒരു പക്ഷെ അദ്ദേഹം നമുക്കുപകാരപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ മകനായി സ്വീകരിക്കുകയോ ചെയ്തേക്കാം അങ്ങനെ നാം യൂസുഫ് അലിഹിസലാമിന് ആ നാട്ടിൽ സ്ഥാനം നൽകുകയും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവ താല തന്റെ തീരുമാനത്തിൽ വിജയിക്കുന്നവനാണ് എന്നാൽ മനുഷ്യരിൽ അധിക പേരും അതറിയുന്നില്ല